ം അൻപത്തി രണ്ട് സിതക്യാവ് വാണു തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവത്സരം എരുശിലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് ഹമൂത്തൽ എന്ന് പേർ അവൾ ലിപ്നക്കാരനായ ഇരമ്യാവിന്റെ മകൾ ആയിരുന്നു യഹോയാക്യം ചെയ്തതുപോലെയൊക്കെയും അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവയുടെ കോപം ഹേതുവായി യെരുശലേമിനും യഹൂദയ്ക്കും അങ്ങനെ ഭവിച്ചു അവൻ ഒടുവിൽ അവരെ തന്റെ സന്നദ്ധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു എന്നാൽ സിദ്ധക്കിയാവ് ബാബേൽ രാജാവിനോട് മത്സരിച്ചു അവന്റെ വാഴ്ചയുടെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസം പത്താം തീയതി ബാബേൽ രാജാവായ നബൂഗതനെസർ തന്റെ സർവസൈന്യവുമായി യരുശലേമിന്റെ നേരെ വന്ന് പാളയമിറങ്ങി അതിനെതിരെ ചുറ്റും കൊത്തളങ്ങൾ പണിതു അങ്ങനെ സിതക്കിയ രാജാവിന്റെ പതിനൊന്നാം ആണ്ടുവരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു നാലാം മാസം ഒൻപതാം തീയതി ക്ഷാമം നഗരത്തിൽ കലശലായി ദേശത്തെ ജനത്തിന് ആഹാരമില്ലാതെ ഭവിച്ചു അപ്പോൾ നഗരത്തിന്റെ മതിൽ ഒരിടം പൊളിച്ച് തുറന്നു കൽതേർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളൊക്കെയും രാത്രി സമയത്ത് രാജാവിന്റെ തോട്ടത്തിനരികെ രണ്ടു മതിലുകളുടെ മധ്യയുള്ള പടിവാതിക്കൾ കൂടി നഗരം വിട്ട് പുറപ്പെട്ട് അരാബയിലേക്കുള്ള വഴിയായി ഓടിപ്പോയി എന്നാൽ കൽദയറുടെ സൈന്യം രാജാവിനെ പിന്തുടർന്നു എരിഹോ സമഭൂമിയിൽ വെച്ച് സിദക്കിയാവോട് എത്തി അവന്റെ സൈന്യമൊക്കെയും അവനെ വിട്ട് ചിതറിപ്പോയി അവർ രാജാവിനെ പിടിച്ചു ഹമാദേശത്തിലെ യിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു അവൻ അവന് വിധി കൽപ്പിച്ചു ബാബേൽ രാജാവ് സിതക്യാവിന്റെ പുത്രന്മാരെ അവൻ കാണുക യഹൂദ പ്രഭുക്കന്മാരെയൊക്കെയും അവൻ റിബ്ളയിൽ വെച്ച് കൊന്നുകളഞ്ഞു പിന്നെ അവൻ സിതക്യാവിന്റെ കണ്ണ് പൊട്ടിച്ചു ബാബേൽ രാജാവ് അവനെ ചങ്ങല ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുചെന്ന് ജീവപര്യന്തം കാരാഗ്രഹത്തിൽ ആക്കി അഞ്ചാം മാസം പത്താം തീയതി ബാബേൽ രാജാവായ നെബൂഗതനേസറിന്റെ പത്തൊൻപതാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നവനും അകമ്പടി നായകനുമായ നെബൂസർ അവൻ യഹോവയുടെ ആലയോ രാജധാനിയും ചുട്ട് യരുഷലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും തീവച്ച് ചുട്ടുകളഞ്ഞു അകമ്പടി നായകനോടുകൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യമൊക്കെയും എരിസിലേമിന്റെ ചുറ്റുമുള്ള മതിലുകളെല്ലാം ഇടിച്ചുകളഞ്ഞു ജനത്തിൽ എളിയവരായ ചിലരെയും നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും ബാബേൽ രാജാവിനെ ചെന്ന് ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബുസറദാൻ ബദ്ധരാക്കി കൊണ്ടുപോയി എന്നാൽ അകമ്പടി നായകനായ നെബുസറദാൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷിക്കാരായും വിട്ടച്ചുപോയി യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽതയർ ഉടച്ച് താമ്രമൊക്കെയും ബാബയിലേക്ക് കൊണ്ടുപോയി കലങ്ങളും ചട്ടുകങ്ങളും കത്രികകളും കിണ്ണങ്ങളും തവികളും ശുശ്രൂഷയ്ക്കുള്ള സകല താമ്രോപകരണങ്ങളും അവർ എടുത്തുകൊണ്ടുപോയി പാനപാത്രങ്ങളും തീച്ചട്ടികളും കിണ്ണങ്ങളും കലങ്ങളും വിളക്ക് തണ്ടുകളും തവികളും കുടങ്ങളും പൊന്നുകൊണ്ടുള്ളതും വെള്ളികൊണ്ടുള്ളതും എല്ലാം അകമ്പടി നായകൻ കൊണ്ടുപോയി ശലോമൻ രാജാവ് യഹോവയുടെ ആലയം വകിക്ക് രണ്ട് സ്തംഭവും ഒരു കടലും പീഡങ്ങളുടെ കീഴുണ്ടായിരുന്ന പന്ത്രണ്ട് താമ്രക്കാളയും തന്നെ ഈ സകല സാധനങ്ങളുടെയും താമ്രത്തിന് തൂക്കമില്ലാതെയിരുന്നു സ്തംഭങ്ങളോ ഓരോന്ന് പതിനെട്ട് മുഴം ഉയരവും പന്ത്രണ്ട് മുഴം ചുറ്റളവും നാലുവിരൽ കനവും ഉള്ളതായിരുന്നു അത് പൊള്ളയുമായിരുന്നു അതിന്മേൽ താമ്രം കൊണ്ട് ഒരു പോതിക ഉണ്ടായിരുന്നു പോതികയുടെ ഉയരം അഞ്ചുമുഴം പോതികമേൽ ചുറ്റും വലപ്പണിയും മാതളപ്പഴവും ഉണ്ടായിരുന്നു സകലവും താമ്രൊണ്ടായിരുന്നു രണ്ടാമത്തെ സ്തംഭത്തിനും ഇതുപോലെയുള്ള പണിയും മാതളപ്പഴവും ഉണ്ടായിരുന്നു നാല് പുറത്തും കൂടെ തൊണ്ണൂറ്റാറ് മാതളപ്പഴവും ഉണ്ടായിരുന്നു വലപ്പണിയിൽ ചുറ്റുമുള്ള മാതളപ്പഴം ആകെ നൂറ് ആയിരുന്നു അകമ്പടി നായകൻ മഹാപുരോഹിതനായ സെരായാവയും രണ്ടാം പുരോഹിതനായ സെഫന്യാവെയും മൂന്ന് വാതിൽക്കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി നഗരത്തിൽ നിന്ന് അവൻ യോദ്ധാക്കളുടെ വിചാരകനായ ഒരു ഷണ്ണനെയും നഗരത്തിൽ വെച്ച് കണ്ട ഏഴ് രാജപരിചാരകന്മാരെയും ദേശത്തിലെ ജനത്തെ പടക്കി ശേഖരിക്കുന്ന സേനാപതിയുടെ രാജസക്കാരനെയും നഗരത്തിൽ കണ്ട അറുപത് നാട്ടുപുറക്കാരെയും പിടിച്ചുകൊണ്ടുപോയി ഇവരെ അകമ്പടി നായകനായ നെബുസറദാൻ പിടിച്ച് റിബ്ളയിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു ബാബേൽ രാജാവ് ഹമാദേശത്തിലെ റിബ്ളയിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ജനം ഏഴാം ആണ്ടിൽ മൂവായിരത്തി യഹൂദന്മാർ നെബൂഗതനേസറിന്റെ പതിനെട്ടാം ആണ്ടിൽ അവൻ യെരിശിലെമിൽ നിന്ന് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ എണ്ണൂറ്റി മുപ്പത്തി രണ്ടു പേർ നെബുഗദനേസറിന്റെ ഇരുപത്തിമൂന്നാം ആണ്ടിൽ അകമ്പടി നെബൂസറദാൻ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ യഹൂദന്മാർ എഴുന്നൂറ്റി പേർ ഇങ്ങനെ ആകെ നാലായിരത്തി യഹൂദരാജാവായ യഹോയാഖിന്റെ പ്രവാസത്തിന്റെ മുപ്പത്തേഴാം ആണ്ടിൽ പന്ത്രണ്ടാം മാസം ഇരുപത്തി അഞ്ചാം തീയതി ബാബൽ രാജാവായ തന്റെ വാഴ്ചയുടെ ഒന്നാമാണ്ടിൽ യഹൂദരാജാവായ യഹോയാഖിനെ കടാക്ഷിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു അവനോട് ആദരവായി സംസാരിച്ചു അവന്റെ ആസനത്തെ തന്നോടു കൂടെ ബാബേലിലുള്ള രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു അവന്റെ കാരാഗ്രഹവസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യവും അവന്റെ സന്നദ്ധിയിൽ ഭക്ഷണം കഴിച്ചുപോന്നു അവന്റെ അഹോവൃത്തിയോ ബാബേൽ രാജാവ് അവന് അവന്റെ മരണ ദിവസം വരെ അവന്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തുപോന്നു